അവർ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയുകയും അതിന്റെ സംരക്ഷകരാകാതിരിക്കുകയും ചെയ്തിട്ടും അള്ളാഹു സുബാനഹുവ താര അവരെ ശിക്ഷിക്കാതിരിക്കാൻ എന്ത് കാരണമാണുള്ളത് അതിന്റെ സംരക്ഷകർ ദൈവഭയമുള്ളവർ മാത്രമാകുന്നു എന്നാൽ അവരിൽ ഭൂരിഭാഗവും അതറിയുന്നില്ല